സത്യം ബ്രഹ്മാവതു ബ്രഹ്മസ്വഭാവ സംഭവന്തി എന്ന് പറഞ്ഞ എന്താണ് പരാധീന പ്രകാശ ഇവ എന്താണ് അത് പോലെ എന്ന് പറഞ്ഞ ഇതുവരെ പറഞ്ഞു നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അപരാധീന പ്രധാ പ്രകാശെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞ എന്താണ് സ്വയംപ്രകാശ് സ്വയംപ്രകാശം എന്ന് പറഞ്ഞ അതിനർത്ഥം പറഞ്ഞെന്താണ് പറഞ്ഞത് ഓ എന്താണ് പറഞ്ഞത് ഒന്നുകിൽ അത് അറിവായിരിക്കുക പിന്നെ അറിയാൻ മറ്റൊരറിവ് ഇല്ലാതിരിക്കും സ്വയംപ്രകാശമെന്നുള്ളത് ഇത് എത്രയോ തവണ ഞാൻ പറഞ്ഞു എത്രയോ തവണ പറഞ്ഞാണ് എല്ലാ ദിവസവും വിദ്യാഭ്യാസം ചോദിക്കുമ്പോ മാച്ച സിലേറ്റ് പോലെയാണ് ഒന്നും കാണത്തില്ല മാച്ച സിലേറ്റിലാണെങ്കി ചോക്കിന്റെ പൊടിയെങ്കിലും കാണും ഇതും കാണത്തില്ല വിടെ പോകുന്നു അപ്പൊ പരാതിന് പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അറിവിനെ അറിയുന്നത് പോലെ തോന്നുന്നു നമ്മുടെ ഒരു അനുഭവത്തിന് എന്താണ് നമ്മളെ അറിവിനെ അറിയുന്നു എന്നല്ലേ നമ്മുടെ അനുഭവം ശരിക്കും നമ്മൾ അറിവിനെ അറിയുന്നില്ല നമുക്ക് അറിവിനെ അറിയുന്നത് പോലെ തോന്നുക നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവുകളെ നമ്മൾ അറിയുന്നതായി തോന്നുന്നു എന്നാണ് പക്ഷെ എന്തുമാത്രല്ല നമ്മുടെ അനുഭവം എന്താണ് നമ്മുടെ ഉള്ളിൽ അറിവുകൾ ഉണ്ടാകുന്നതായിട്ടും ആ അറിവിനെ നമ്മൾ അറിയുന്നതായിട്ടും ഒക്കെ തോന്നുന്നു ഇതൊന്നും ശരിയില്ലെന്നാ പറയുന്നു ഇതൊക്കെ അവിദ്യ കൊണ്ട് തോന്നുന്നതാണ് നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകുന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന അറിവോ ഉണ്ടാകാത്ത അറിവോ ഒരാറി ഒരറിവിനേയും നമ്മൾ അറിയുന്നില്ല അറിവ് സ്വയം അറിവായി തന്നെയിരിക്കുന്നു പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ എന്റെ ഉള്ളിൽ അറിവുണ്ടാകുന്നു അറിവിനെ ഞാൻ അറിയുന്നു അപ്പൊ പിന്നെ ഈ ഈ അറിവ് ഈ അനുഭവം പിന്നെ അനുഭവം എന്ന് പറയുന്നതാണ് എന്റെ ഉള്ളിൽ അറിവുണ്ടാകുന്നു അറിവിനെ ഞാൻ അറിയുന്നു ഇതൊക്കെ നമ്മുടെ അനുഭവമാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അവിദ്യ ഉണ്ട് ഇതിന് ഒരു കാരണം അദ്വൈതി പറയുന്നതാണ് അവിദ്യ മനസിലായോ നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകുന്നു ആ നമ്മൾ അറിയുന്നു ഇന്നൊക്കെ നോക്കൊരു അനുഭവമുണ്ട് ഈ അനുഭവത്തിന് കാരണം എന്താണ് അവിദ്യ അവിദ്യ എന്ന് പറയുന്നതുകൊണ്ട് എന്താണോ അദ്വൈതി പറയാൻ താല്പര്യപ്പെടുന്നത് എന്താണ് ഇവിടെ അഭിപ്രായം പറയും തെറ്റാണെങ്കിലും കുഴപ്പമില്ല ആ അത് പറയുന്നത് അതായത് നമ്മുടെ ഈ അനുഭവം ശരിയല്ല ശരിയെന്നു വെച്ചാൽ അത് വാസ്തവല്ല നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുള്ളതിനും നിഷേധിക്കുന്നുണ്ട് നമുക്ക് എന്താണ് അനുഭവം ഉണ്ടാകുന്നത് എന്റെ ഉള്ളിൽ അറിവുണ്ടാകുന്നു ഈ അറിവിനെയൊക്കെ ഞാൻ അറിയുന്നു ഇങ്ങനെയൊക്കെയുള്ള അനുഭവം നമുക്കുണ്ട് ഈ അനുഭവം സത്യമല്ല എന്ന് പറയുന്നതിനു വേണ്ടിട്ടാണ് അവിദ്യ പിന്നെ എന്താണ് സത്യം എന്താണ് ബ്രഹ്മ ില്ല അറിവിനെ അറിയുന്നില്ല അറിവ് കേവലം അറിവായി തന്നെ ഇരിക്കുന്നു ഇതാണ് അദ്വൈതം എന്നുവെച്ചാൽ എന്താണോ നമ്മുടെ അനുഭവം ഇപ്പോഴുള്ളത് ഈ അനുഭവത്തെ നിഷേധിക്കുന്ന അദ്വൈതമെന്ന് പറയുന്നത് ശരിക്കുള്ള അദ്വൈതം പ്രഭാഷണത്തിൽ കേൾക്കുന്ന അദ്വൈതമല്ലോ നമ്മുടെ ഉള്ളിൽ എന്തറിവാണോ ഉള്ളത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നിഷേധിക്കുന്നതിനാണ് എന്ത് പറയുന്നത് അദ്വൈതം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അതിന് കാരണം അതി പറയുന്നത് പിന്നെയാണ് അദ്വൈത ജ്ഞാനം എന്ന് പറയും മനസിലായ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അറിവിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത് അറിവ് ഉണ്ടാകുന്നില്ല അറിവിനാരും അറിയുന്നില്ല അറിവ് കേവലം അറിവായി തന്നെ എപ്പോഴും ഇരിക്കുന്നു പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെയല്ല അനുഭവം നേരെ തിരിച്ചാണ് അതെന്തുകൊണ്ട് അങ്ങനെ അനുഭവം എന്നുവെച്ചാ ഇത് ഇത് നമ്മളെ സിമ്പിളായി എന്താണ് സ്വയം പ്രകാശമെന്ന് മനസിലാക്കി തരുന്നതാണ് ഇതില് ശങ്കരാചാര്യരുടെ ബുദ്ധി അതുകൂടെ തിരിച്ചറിയണം ശങ്കരാചാര്യ ബുദ്ധി എന്താണ് ഇവിടെ ചേർത്ത് വെച്ച് എന്താണ് ശങ്കരാചാര്യ ബുദ്ധി അതായത് നുഭവത്തിന് വിരുദ്ധമായ നമ്മുടെ അനുഭവത്തിൽ ഒരിക്കലും പെടാത്ത ഒരു കാര്യമാണ് സത്യം എന്ന് പറയുകയും മനസിലായ നമ്മുടെ അനുഭവത്തിൽപ്പെടാത്ത ഒരു കാര്യത്തിന് എന്ത് പറയുന്നു സത്യം എന്ന് പറയുന്നു സത്യം എന്ന് പറഞ്ഞിട്ട് അനുഭവത്തിൽപ്പെടാത്ത ഒരു കാര്യത്തെ സത്യം എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം പറയും അനുഭവത്തിൽപ്പെടാത്ത ഒരു കാര്യത്തിലാണ് സത്യം എന്ന് പറയുന്നത് അതിനെന്ത് കാരണം പറയും അവന് ശങ്കരായ കണ്ടുപിടിച്ച ഒരു കാഞ്ഞ ബുദ്ധിയാണെന്ന് തോന്നുന്നത് അവിദ്യ അവിദ്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ കൊണ്ടുപോയി നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം പറയണം എന്താണ് അറിവ് എപ്പോഴും അറിവായിരിക്കുന്നു ഉണ്ടാകുന്നില്ല അതിനറിയുന്നു പക്ഷെ അത് അനുഭവം ഇല്ലാത്തല്ല ഞങ്ങളെ അനുഭവത്തില്ലാത്ത ഒരു കാര്യം പറയാൻ ഞങ്ങളങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ അതിനെ കണ്ടുപിടിച്ചൊരു കുറുക്കു വിദ്യയാണ് തോന്നുന്നു ആ വിദ്യ അവിടെയാണ് ശങ്കരാചാര്യരുടെ എന്താണ് കാഞ്ഞപുത്തി അതാണ് ഇതാണ് ശരിക്കും ചാങ്ങന്മാർ വേറെ ആർക്കും അങ്ങനെ കെട്ടിയിട്ടില്ല ഇത്രയും കാഞ്ഞിട്ടില്ല വേറെ ആർക്കും പ്രകൃതിയൊക്കെ പരിണമിക്കുന്നു പറയുമ്പോഴേ പ്രകൃതിയൊക്കെ പരിണമിക്കുന്നു പറയുന്നിടത്ത് ഇത്ര ഇങ്ങനെ ഒരു അവിദ്യ ഇതുപോലെ പ്രകൃതിപരിണാമത്തിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവിടെ പുരുഷന് എന്തുകൊണ്ട് ബോധമില്ല എന്നൊക്കെ പറയുന്നിടത്ത് മാത്രമേ അവിടെ വിദ്യ സ്വീകരിക്കേണ്ട കാര്യമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് അറിവായി ഇരിക്കുന്ന തന്നെ തന്നെ താൻ ഉണ്ടാകുന്നതായും നശിക്കുന്നതായിട്ടും അറിയുന്നു അറിവിനെ അറിയുന്നു പിന്നെ പ്രപഞ്ചത്തിന്റെ അറിവൊണ്ട് എല്ലാത്തിനും കൂടെ ഒരു ഒറ്റമൂലി ഒരൊറ്റ ഒറ്റമൂലിയുള്ള ശങ്കരാചാര്യൽ എന്താണ് അവിദ്യ പറയാം ഒറ്റ ഒറ്റമൂലികൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചിരിക്കഞ്ഞ ബുദ്ധിയാകുമ്പോ എപ്പോ എപ്പോഴാണ് അതൊരു കാഞ്ഞ ബുദ്ധിയാവുന്നത് അത് അതിന്റെ സ്വന്തം മൂല്യത്തിലല്ല കാഞ്ഞ ബുദ്ധി ആകുന്നു പിന്നെങ്ങനെ മറ്റുള്ളവരതിനെ അംഗീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അത് അംഗീകരിക്കുമ്പോഴാണ് അതിന് കാഞ്ഞ ബുദ്ധി ആകുന്നത് മനസ്സിലായേ മറ്റുള്ളവർക്ക് അംഗീകരിച്ചാലേ ഉള്ളൂ അതില്ല മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യണം ഈ അവിദ്യ എന്ന് പറയുന്ന ശങ്കരായ പറയുന്ന ഇതിനീകരിക്കണം അംഗീകരിച്ചാൽ അതിന് മോട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നുമില്ല പറയുന്ന പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല മറ്റുള്ളവർ അംഗീകരിക്കണം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം അവിടെയാണ് അതുപോലെ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളിലും അതെല്ലാം വിജയിക്കുന്നത് ശങ്കരാചാര്യർ പറയുന്ന വിജയിക്കുന്നത് ഈ അവിദ്യ എന്ന് പറയുന്നൊരു സംഭവം അവിടെ കൊണ്ടുവരുന്നോണ്ടാണ് അടുത്തു പറയുന്നത് എന്താണോ ിയോ ഭിന്നോ അഭിന്ന ഇവ പറയ നീ അറിവ് ദേഹഇന്ദ്രിയം ഇതിൽ നിന്നെല്ലാം വേറെയാണ് പക്ഷെ ഇത് വേറെ അല്ലാന്ന് നമുക്ക് അനുഭവപ്പെടുന്നു അറിവ് ദേഹത്തിൽ നിന്നും വേറെയല്ല എന്നനുഭവപ്പെടുന്ന എങ്ങനെ അറിവ് ദേഹത്തിൽ നിന്നും വേറെയല്ല എന്ന അനുഭവപ്പെടുന്നു എങ്ങനെ ഞാനെന്നറിയുന്നു ഈ ശരീരത്തിൽ അപ്പോ അറിവ് ശരീരത്തിൽ നിന്ന് വേറെയല്ലോ ഞാൻ എന്നറിയുന്നു ഞാനെന്നറിയുന്നുണ്ടോ അപ്പൊ ഞാനെന്നറിയുമ്പോ അറിവിനെ ശരീരത്തിറിയാണ് അറിവ് ശരീരത്തിൽ നിന്ന് വേറെ എന്നറിയുന്നില്ല ഞാൻ കാണുന്നു എന്ന് പറയുന്നിടത്തും ആ കാഴ്ചയെ എന്നോട് ചേർത്ത് വെച്ചാണ് പറയുന്നത് ഞാൻ കേൾക്കുന്നു ഞാൻ മണക്കുന്നുരചിക്കുന്നു അപ്പൊ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്നോട് ചേർത്താണ് ഞാൻ അറിയുന്നത് ഈ അനുഭവങ്ങള് ഒന്നും തന്നെ ശരിയല്ലെന്ന ശങ്കരാ പക്ഷം നമ്മൾ കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു എന്നൊന്നും പറയുന്ന ഈ അനുഭവമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു സത്യം എന്താ ഇതിന്റെ പിന്നിൽ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകുന്ന കാരണം എന്താ ഒറ്റ മറുപടി അങ്ങനെയുണ്ട് ബുദ്ധി അദ്വൈതത്തിൽ ഇത്രയും മനസ്സിലാക്കാൻ ഇത്രയും മനസിലായി അദ്വൈതം മനസ്സിലായി എന്ത് ചോദ്യം ചോദിച്ചാലും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം പറഞ്ഞാണ് അവിദ്യന്തോ എന്തുകൊണ്ട് സത്യമായിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അറിവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അവിദ്യ അത് നല്ല ബുദ്ധിയെനിക്ക് പറയും പറയാതൊന്നും ഒരു ദാരിദ്ര്യ പലതരത്തിൽ പറയും അവദ്യ എന്ന് പറഞ്ഞാൽ വിപരീതജ്ഞാനം പറയും അവദ്യംന്ന് പറഞ്ഞാൽ സംശയം എന്ന് പറയും അവദ്യം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണെന്ന് പറയും അവദ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു ശക്തിയാണെന്ന് പറയും അതെന്നും പറയും അത് കാരണമില്ലെന്ന് പറയും പറഞ്ഞുപോയാ അപ്പൊ എല്ലാത്തിനും ഉത്തരവുണ്ട് സംബന്ധിച്ച അവിദ്യ കൊണ്ടാണ് ഞാൻ എന്ന് അറിയിച്ചു എന്റെ ദേഹത്തോട് ബന്ധപ്പെടുത്തി ഞാൻ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നതിന്റെ ഉറവിടം എന്ന് പറഞ്ഞു അവിദ്യ അതിന് കാരണമാണ് ഉറവിടം എന്നാണ് പറയുന്നത് വിദ്യന്ന് പറയുന്നത് ഒരു കാരണമാണ് അതുകൊണ്ട് ഞാനെന്നിങ്ങനെ ഒരു ബോധമുണ്ടാവും അപ്പോ ഈ ബോധത്തിന്റെ ഉറവിടം അന്വേഷിച്ച് പോയി കഴിഞ്ഞ ആ ഉറവിടമാണ് സ്വയംപ്രകാശമായ അറിവ് അവിടെ അവിദ്യ കൂടെ ചേരുമ്പോ ഞാനെന്നുള്ള ഈ ബോധം ഉണ്ടാവും കാശമായിരിക്കുന്ന അറിവ് അവിദ്യ എന്ന് പറയുന്ന ഒന്നിന്റെ സഹായത്തോടു കൂടി സൃഷ്ടിക്കുന്നാണ് ബാക്കി എല്ലാ അനുഭവങ്ങളും എന്ന് പറഞ്ഞ് അദ്വൈതമായി ബോധം ഇല്ലാതരുന്ന പോകാശം കഴിഞ്ഞിട്ട് ബോധ്യോട്ട് അതൊരു വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതിലേക്ക് പോയി കഴിഞ്ഞാ അതിനൊരു സമാധാനം പറയണമെന്നുണ്ടെങ്കിൽ അത് ന്യൂറോ സയൻസ് ആണ് പറയുന്നത് അദ്വൈത ശാസ്ത്രമാണ് സയൻസ് കോംപ്ലക്സോട് കൂടി ശങ്കരാചാര്യം വലിയ ബോധമില്ലായ്മയുന്ന എന്താണോ ബ്രെയിൻ ബ്രെയിനിനെ കുറിച്ച് അറിയാ ബ്രെയിനിനെ കുറിച്ച് അറിയാതെ ഈ കട്ടിപ്പൊക്കി വെച്ച മുഴുവൻ സിദ്ധാന്തങ്ങളും ബ്രെയിനിന്റെ മുമ്പ് ഒരു മുട്ടടിച്ച് താഴെ വീണ് നമസ്കരിച്ച് അവിടെ കിടക്കും ഓഫ് സ്റ്റേറ്റ് ഓഫ് എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ ആണ് ഈ സംഭവിക്കുന്നത് അപ്പൊ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ടാണ് നമുക്ക് ധ്യാനിക്കുമ്പോൾ ബോധശൂന്യമായ അവസ്ഥ വരുന്നത് ഉറക്കത്തിൽ ബോധമില്ലാതെ വരുന്നത് സെഡേഷൻ നടക്കും ഓപ്പറേഷൻ ടേബിളിൽ നമുക്ക് ബോധമില്ലാതെ വരുന്നത് ഇതെല്ലാം ആക്ടേഡ് സ്റ്റേജസ് എന്ന് പറയും ബ്രെയിനിന്റെ ബ്രെയിനിന്റെ മാറി വരുന്ന അവസ്ഥകളാണ് ബ്രെയിനിന്റെ മാറി വരുന്ന അവസ്ഥകളാണ് അതെല്ലാം അപ്പൊ സയൻസിന് മാത്രമേ മറുപടി പറയാൻ പറ്റൂ അദ്വൈതിയുടെ കയ്യിലൊന്നും അതിന് യാതൊരു മറുപടിയില്ല അദ്വൈതിക്ക് അതിനെ കുറിച്ച് ഒരു അറിവുണ്ട് അദ്വൈതത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് എന്ത് ബ്രെയിനിനെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു അത് നമുക്ക് കുറ്റം പറയാൻ പറ്റൂല നേരത്തെ തുടങ്ങി എന്തുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തില് മനുഷ്യർക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ശങ്കരാചാര്യ ഇങ്ങനെ ഒരു അദ്വൈതം എഴുതത്തൂല്ലേ മനസ്സിലായോ ശങ്കരാചാര്യ ഇന്നത്തെ ഈ നൂറോ സയൻസൊക്കെ വായിച്ചിരുന്നെങ്കിൽ അപ്പ എപ്പോഴെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബോധം കെട്ട് അവിടെ വീണെന്ന് അപ്പം ബോധം കെട്ട് വീ എന്തുകൊണ്ട് താൻ എഴുതി വച്ചിരുന്ന പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവര് താൻ എഴുതി വെച്ച പല കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവര് അങ്ങനത്തെ പ്രശ്നമൊന്നും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ബ്രെയിൻ റിലേറ്റഡ് ആണ് അതിന്റെ ഒരു സമാധാനം ബ്രെയിൻ സയൻസിനെ പറയാൻ ഒന്നും പറയാൻ പറ്റില്ല അത് ഇതും അതിന്റെ ഓരോ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പറയുന്നു അതെപ്പോഴും അതായത് അങ്ങനെ എന്താണ് ഇപ്പോൾ ഒരു ബോധശൂന്യമായ അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായൊരു ബോധം ഇതെല്ലാം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഒരു വിശദീകരണം കൊടുക്കാൻ ന്യൂറോ സയൻസിനെ പറ്റും പദ്വീതത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അദ്വൈതത്തിന് അതിനെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടേ അദ്വൈതത്തിന് പരമാവധി പറയാൻ പറ്റുന്ന എന്താണ് ആ സ്റ്റേജിലേക്ക് നമ്മളെ ഈ പറയുന്ന അനുബോധശൂന്യമായ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാക്ടീസും ഉണ്ട് ഒരു മന്ത്രം ജവിക്കുകയോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമാജിനേഷൻ ചെയ്യുകയോ മനസ്സുകൊണ്ട് അപ്പോ ഈ ക്രിയായോഗിട്ടുണ്ടോ ക്രിയായോഗ അതൊക്കെ ചില ഇമാജിനേഷൻ ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഇമാജിനേഷനുകൾ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിന്റേയും ബ്രെയിൻ മനസ്സെല്ലാം ബ്രെയിനിന്റെ പ്രവർത്തനം മാറും ബ്രെയിനിന്റെ പ്രവർത്തനം മാറുമ്പോഴത്തേക്ക് അനുഭവങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അനുഭവം ഇല്ലാത്ത സ്ഥിതി വരം ഇതെല്ലാം ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റമാണ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നതുകൊണ്ട് മനസ്സ് മാറുകയാണ് അപ്പോ ഈ മനസ്സിനെ എല്ലാം സ്വാധീനിക്കുന്ന ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണെന്ന് അറിയുന്നിടത്തെ അതിനെ വിശദീകരിക്കാൻ പറ്റും എന്താ അദ്വൈതമുണ്ടാവും വിശദീകരിക്കാൻ പറ്റില്ല അപ്പോ അത് കൂടുതലായും വരുന്ന എന്താണോ അത് കൂടുതലും സൈക്കോളജിയുടെ ഭാഗമായി വരുന്നതാണ് അദ്വൈതം കൂടുതലും ചർച്ച ചെയ്യുന്ന എന്താണോ അദ്വൈതം എന്ന് പറയുന്നത് അല്ല കൂടുതലും ചർച്ച ചെയ്യുന്നു രണ്ടും വ്യത്യാസമുണ്ട് സൈക്കോളജി വേറെ അദ്വൈതം പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു ജ്ഞാനശാസ്ത്രമാണ് അതാണ് ഈ തർക്കം അത് ഒരുപാട് ഉപയോഗിക്കുന്നത് മൂന്നാവസ്ഥകളാണ് ഈ മൂന്നവസ്ഥകളിലും മാറാത്തൊരാത്മാളിയിലിരിക്കും ഇതൊക്കെ എന്താണ് ഒരു താർക്കിക വിശകലനങ്ങളാണ് ഇത് തപ്പുചിന്തയാണ് അതിന്റെ വഴി വേറെയാണ് അതിന് നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെന്ന് വിശേഖരിക്കാൻ കഴിയത്തില്ല തർക്കശാസ്ത്രത്തിന് കഴിയത്തിന് മറ്റൊക്കെ മായി പറയുന്നതാണ് പഞ്ചകോശ വിവേകം എന്നൊക്കെ പറയുന്ന എന്താണ് അവസ്ഥാത്രയ വിവേകം എന്നൊക്കെ പറയുന്നൊരു താർക്കികമായ രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യുന്നതാണ് മറ്റങ്ങനെയല്ല ഞാൻ ജപിക്കുന്നു എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നു ഇതിനെ വിശദീകരിക്കാൻ വിവിധത്തിന് പറ്റത്തില്ല അത് ന്യൂറോ സയൻസിനെ പറ്റത്തു രണ്ടിനെയും രണ്ടായിത്തന്നെ കാണും ജ്ഞാനശാസ്ത്രത്തിന്റെ രീതികൾ വേറെയാണ് ന്യൂറോ സയൻസിന്റെ രീതി വേറെയാണ് സൈക്കോളജിയുടെ സംഗതികൾ വേറെയാണ് എല്ലാം കൂടെ കൂട്ടി പഠിക്കുന്നത് അദ്വൈതമെന്ന് പറയുന്നത് എന്താണ് സാറിന് പറയുന്നത് ഒരു ചിന്താ പദ്ധതിയാണ് അത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതിനെക്കുറിച്ച് മനസ്സിലാക്കാം നമുക്കതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ വളരെ രസകരമാണ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ആരെങ്കിലും പഠിപ്പിക്കണം ഇത്രയൊക്കെ നമുക്ക് ചെയ്യാം അതിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അതും അതാണ് അദ്വൈതത്തിന്റെ ഗുണം എന്ന് പറയുന്നത് അതിന് ന്യൂറോ സയൻസ് പറയുന്ന മേഖലകളിലൊന്നും അതിനും തൊടാൻ പറ്റില്ല രണ്ടു രണ്ട് തലങ്ങളിലാണ് പ്രവൃത്തി അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ന്യൂറോ സയൻസിലൂടെ തന്നെ നോക്കണം ഇതിലൂടെ പറ്റിയില്ല മനസ്സിലായോ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് പല പല ഫാക്കൾട്ടീസ് ഉണ്ട് അതിന് ഒന്നാണ് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് ആ കഴിവുകളടുത്താണ് തത്വചിന്ത നിക്കുന്നത് മനസിലായത് മറ്റൊന്നാണ് മാനസികമായി എന്തെങ്കിലും സംതൃപ്തി അനുഷ്ഠിക്കുക അതുകൊണ്ടെന്തെങ്കിലും ആന്തരികമായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക അതൊരു വേറൊരു ഫാക്കൾട്ടിയാണ് രണ്ടും ഒന്നല്ല ആ സംഭവിക്കുന്ന ഒക്കെ ഇവിടെ ന്യൂറോ സയൻസിന്റെ വിഷയങ്ങളിലാണ് മേഖലയിലാണ് സംഭവിച്ചത് മറ്റൊന്ന് തത്വചിന്ത ഇത് ഒന്നുള്ള ആളിന് മറ്റൊന്നും വേണമെന്നില്ല ഒരു വ്യക്തിക്ക് ചിലപ്പോൾ രണ്ടും ഉണ്ടായെന്നും വരാം ഇതൊക്കെ വിവേറെ സംഗതികളാണ് കേരളം ബ്രെയിൻ ബ്രെയിൻ എന്തിനാ ഈ ചിന്താ ഈന്താണ് ബ്രെയിൻ ട്യൂണിംഗ് എന്നറിയാം അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്താണറിയില്ല വെറുതെ വെറുതെ ഒരു വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ന്യൂറോ സയൻസ് ഒന്നിനെ സൃഷ്ടിക്കുന്നില്ല ബ്രെയിൻ ഈ ദേവതകള് മറ്റുള്ള ബ്രെയിൻ്റെ ദേവതകൾ എന്ന് വെച്ചാൽ ഏത് ദേവതയുടെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നത് തെളിച്ച് പറ മനസ്സ് സൃഷ്ടിക്കുന്ന ദേവതാ സങ്കല്പങ്ങളൊക്കെ തന്നെ സൃഷ്ടിയാണോ അതായത് ഈ ദേവതാ സങ്കല്പങ്ങളെ കുറിച്ച് പറയും ദേവതാന്ന് വെച്ചാൽ എങ്ങനൊരു ദേവതയുടെ പേരങ്ങ് പറയും പോട്ടെ ആ മുരുകൻമല്ലേ മുരുകൻന്ന് പറയുന്ന ഒരു ദേവത മനസിലായോ ഈ മുരുകറയുന്ന ദേവത എന്ന് പറയുന്നത് പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പറയുന്ന എന്താണ് ഒരു ദേവലോകമുണ്ടെന്നു അവിടെ മുരുകൻന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് എന്നാണ് പറയുന്നത് മനസിലായോ പക്ഷെ നമ്മള് പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങള് ബ്രെയിനും നമ്മുടെ ബോധവുമായിട്ടുള്ള ബന്ധം നമ്മുടെ സൈക്കോളജി അതു അതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് ഇതിന്റെ വിളിച്ചിട്ട് നോക്കുമ്പോ പുരാണങ്ങളിൽ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മറിച്ച് എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്ന ാണ് രൂപമാണ് ആര് മുരുകൻ അതിനപ്പുറം മുരുകൻ എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഈ വിാഹ്യലോകത്ത് ഈ പ്രപഞ്ചത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു ഇരിപ്പടം ഇല്ല പുരാണകുളി പറയുന്നത് ഉണ്ടെന്നാണ് ഇവിടെ അങ്ങനെ ഒരു ഇരിപ്പടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള സാധ്യതയില്ല ഇനി ആരെങ്കിലും മുരുകനെ കണ്ടു എന്ന് പറയണമെങ്കിലും അവരുടെ മനസ്സിൽ കണ്ടു അവരുടെ ബ്രെയിൻ അവർ കാണിച്ചു കൊണ്ട് അത് ആ സയൻസിന്റെ കാര്യം ഞാൻ പറയണു ഞാൻ മുരുകയില്ലെന്ന് പറയുന്നില്ല മുരുകൻ പുരാണത്തി ഉണ്ട് ഏഹ് ആരും ഇടാതെ ഇത് എന്താ ഉണ്ട് അത് പുരാണങ്ങളിലുണ്ട് അതിന് ഞാൻ നിഷേധിക്കുന്നില്ല പുരാണങ്ങളിലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ദൈവം നിഷേധിയായിട്ട് എടുക്കരുത് പുരാണങ്ങളിൽ ഇതൊക്കെ ഉണ്ട് ഞാൻ എന്ത് പറയുമ്പോഴും രണ്ട് ഭാഗം പറയും ഒന്നെന്താണ് സയൻസിന്റെ ഭാഗം പറയും മറ്റൊന്നെന്താണ് ശാസ്ത്രത്തിന്റെ ഭാഗം പറയും ശാസ്ത്രത്തിൽ അതൊക്കെ ഉണ്ട് സയൻസിൽ ഇങ്ങനെയാണ് അതിന്റെ വിശദീകരണം രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ പിന്നെ പുരാണത്തിലുള്ളത് ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാ എന്തു പറയണം എന്തുപറയണം അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഉണ്ടെന്ന് നിങ്ങളെ വിശ്വസിച്ചാ നിങ്ങൾക്ക് വിശ്വസിക്കാം അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാം അത് നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളിലൂടെ നോക്കുമ്പോൾ എന്താണ് അതിന് ഈ കാണുന്ന വസ്തുവിന്റെ ഒരു റിയാലിറ്റി ഇല്ല സ്വപ്നത്തിന് എന്തുമാത്രം റിയാലിറ്റി ആണുള്ളത് അത്രേ അതിനുള്ളു സ്വപ്നത്തെ നിങ്ങള് സത്യം എന്ന് പറയൂ പറയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും എന്നൊക്കെന്താണ് സ്വപ്ന സത്യം അത്രയും സമയമുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ സത്യമുണ്ട് അവര് നിങ്ങള് ഉള്ളിൽ ധ്യാനിക്കുന്നു മുരുകനെ അപ്പൊ മുരുകനുകളിൽ കാണുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം ധന സത്യമുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലോ അത് സത്യം ഇല്ല എന്നാണ് ബ്രെയിൻ സയൻസ് പറയും വേറൊരു കാര്യമുള്ളതാണ് മുരുകന്റെ മന്ത്രം ചോദിച്ചു അതിന് പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്നത് പോലെ പ്രകൃതിയിൽ എന്തെങ്കിലും ഇതായിട്ടുള്ള മാറ്റങ്ങൾ അതെ അത് പറയുന്നത് ഈ പ്രകൃതിയിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ചലനം പോലും പ്രകൃതിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാം ഒരു ചെറിയ ചലനം മതി കാലക്രമേണ എന്ത് ചെയ്യാം അതൊരു വലിയ പരിവർത്തനത്തിന് കാരണമായി തീരാ പ്രകൃതിയും പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിലാണെങ്കിൽ പ്രത്യേകം മനസ്സിലാകും നമ്മുടെ മനസ്സിൽ അതായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനമായി ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ആണെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്ന് നമ്മുടെ ശരീരത്തിനൊന്നും അതിന് നമ്മുടെ ശരീരത്തിന് പുറത്തു പോകാൻ യാതൊരു വഴിയില്ല ശരീരവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കും കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നതിന് ഒത്ത ഈ ശരീരവുമായി നമ്മുടെ ബ്രെയിനും നമ്മുടെ നെർവസ് സിസ്റ്റവും നമ്മുടെ ഈ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അപ്പം നമ്മുടെ മനസ്സ് കിടക്കുന്ന ഒരു കാര്യത്തിനും നമ്മുടെ ശരീരത്തിന് പുറമെയുള്ള ഒന്നിനെയും നേരിട്ട് സ്വാധീനിക്കാനുള്ള യാതൊരു ശേഷിയുണ്ട് പ്രപഞ്ചത്തിനകം ഒരു ചലനവും ഉണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടാകത്തില്ലാന്ന് ഞാൻ പറയുന്നതല്ല അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് സയൻസ് അത് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകള് അതിന്റെ അതിരംന്ന് പറയുന്ന ബോഡിയാണ് വെടി പോരുചന ഉണ്ടാകത്തില്ല അമ്മയ്ക്കാണ് ഉണ്ടാക്കുന്നത് സങ്കല്പം അല്ല ചില വ്യക്തികള് ഇപ്പൊ അതിനെ അതിനെ പറയുന്നത് ഇതൊന്നു പറഞ്ഞോട്ടെ സുബ്രഹ്മണ്യന്റെ മന്ത്രം ജയിച്ചു മയിൽ വന്നു അതായത് മനുഷ്യന്റെ മനസ്സിനുള്ള ഒരു പ്രത്യേകതയാണ് പാറ്റേൺ സീക്കിംഗ് എന്ന് പറയും സൈക്കോളജിയുടെ ഒരു വിഷയമാണ് പാറ്റേൺ പാറ്റേൺ സീക്കിംഗ് പാറ്റേൺ സീക്കിംഗ് പാറ്റേൺ സീക്കിംഗ് ചെവി കേൾക്കത്തിന്റെ അപ്പൊ ഞാൻ ഈ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലെന്ന് കഴിപ്പുറവുണ്ട് പോയി പരിശോധിച്ച ചെവിയില യന്ത്രം വയ്ക്കി കഴിപ്പുറവ് അപ്പൊ വെറുതെ ഈ തടിയും ബസ്സും വെച്ചോണ്ടൂടെ ഒന്നും കേക്കുന്നില്ല തന്നെ പോയി ിങ് പാറ്റേൺ സീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ മേഘത്തിന് നോക്കിയിട്ട് പറയണതാ അവിടെ മുരുകൻ നിൽക്കണം എന്ന് പറയും മേഘത്തിന്റെ ഒരു ചെറിയ ആകൃതി കണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാത്തെയും നമ്മുടെ മനസ്സീന്ന് കഴിയുന്നിട്ടോ അപ്പൊ ബാഹ്യമായ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ആന്തരികമായ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന നമ്മുടെ സൈക്കോളജിയാണ് അത് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ കണ്ടെത്താൻ നമ്മുടെ സൈക്കോളജി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന് ശരിക്കും അങ്ങനെ ഒരു യഥാർത്ഥത്തിലുള്ള ബന്ധം നിലനിന്നിട്ടില്ല നമ്മുടെ മനസ്സങ്ങനെ ബന്ധത്തെ സൃഷ്ടിക്കുന്നതാണ് മനസ്സിലായോ അങ്ങനെയുള്ള മനസ്സൊരു ബന്ധത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് സൈക്കോളജിയുടെ വിഷയമാണ് അപ്പൊ ഞാനിപ്പോ ജപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പറയുന്നു ഞാൻ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആരോ അവിടെ ഒരു പോത്തിനെ കൊണ്ട് കെട്ടിയിട്ട് പോയി മനസിലായല്ലോ അപ്പൊ ശിവ അതാ ശിവന്റെ വാഹനം നിൽക്കുന്നു എനിക്ക് പറയാം ഇതുപോലെയുള്ള ഒരു മയല് പറന്നു ഇരിക്കുമ്പോ പക്ഷെ മയല് കുറച്ചുകൂടെ നല്ല മനോഹരമായ ഒരു പക്ഷിയും മുരുകൻ കുറച്ചുകൂടെ സുന്ദരനുമായോണ്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യും ഞാൻ മുരുകനെ ധ്യാനിച്ചത് മനോഹരമായ പക്ഷി വന്നു ആരെങ്കിലും കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് ശിവന്റെ വാഹനമാണെന്ന് ചിന്തിക്കാൻ തോന്നത്തില്ല കാരണം എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് അതിനോട് തോന്നത്തില്ല മനസ്സിലായോ ഞാൻ ഇപ്പൊ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എനി പോയി കഴിഞ്ഞാൽ ഗണപതിയുടെ വാഹനം വന്ന് ചിന്തിക്കാൻ സാധ്യത കുറവാൺ സീക്കിങ്ങാണ് എന്താ നമ്മുടെ ആന്തരികമായി നട നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പരമാവധി അതിലെന്ന് പറയുന്ന നമ്മുടെ ഈ ബോഡിയാണ് അതിനപ്പുറം അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചത് ഈ മന്ത്രം മുതലായവ ഒരു മനസ്സും വിശ്വാസവും ബന്ധപ്പെട്ട് പുറത്തിപ്പം അതിന് യാതൊരു സാധ്യതയില്ലല്ലോ എന്തെന്നല്ലേ ഞാൻ പറയുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം ഇതുമായിട്ട് ബന്ധപ്പെട്ടേ മിക്കത്തോളൂ അത് അതെങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് അത് അത് മറ്റൊരു വിഷയമാണെന്നു വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഒരാള് സമാധി വന്നിട്ട് ഒരു പുഷ്പാഞ്ജലി നടത്തുന്നു മനസ്സിലായി അയാളുടെ മനസ്സിൽ ശരിയായ വിശ്വാസമുണ്ട് ഗുരുവിനോട് പ്രാർത്ഥിച്ചാൽ അയാളെന്താണോ ആഗ്രഹിക്കുന്നത് നടക്കും അങ്ങനെ പൂർണമായ മാനസികമായ വിശ്വാസത്തോടു കൂടി അയാൾ ഒന്ന് പ്രാർത്ഥിച്ച ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന വലിയ ഒരു ഇതാണ് ഒരു സൈക്കോളജിക്കൽ റിലീഫ് അതുണ്ടാവും അത് അയാളുടെ വിശ്വാസം അയാളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതാണ് അതിനെ തുടർന്ന് അത് അയാളുടെ വാക്കിനെ അയാളുടെ പ്രവൃത്തിയെ എല്ലാ അത് സ്വാധീനിക്കുകയും അത് കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അത് ഇയാടെ മനസ്സി വന്ന മാറ്റം ഇയാളുടെ മനസ്സാണ് അയാളെ സ്വാധീനിക്കുന്നത് സ്വാധീനിക്കുകയും അപ്പോൾ ആ പ്രവൃത്തിയിൽ അയാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വരികയും ആ പ്രവൃത്തി അയാൾക്ക് ഫലം കൊടുക്കുകയും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം ആ വ്യക്തിക്ക് പ്രയോജനം ചെയ്യും അത് എല്ലാ സംഭവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്നൊരു വിദ്യാർത്ഥി അവിടെ വന്ന് ഒരു പേന പൂജിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ അവന് സഹായിക്കും എന്തുകൊണ്ട് ഇത് ചെയ്തു കഴിയുമ്പോൾ അവന് മാനസികമായൊരു കോൺഫിഡൻസ് ഉണ്ടാവും ആ ഗുരുവിന്റെ അടുത്ത് പോയി പൂജിച്ചതാണ് പേപ്പ പരീക്ഷ അപ്പൊ ഞാൻ ജയിക്കും ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പരീക്ഷ സമയത്ത് അവന് വിറക്കാതെ പരീക്ഷ എഴുതാൻ സഹായിക്കും അപ്പൊ അത് വെറുതെ അല്ല അത്തരം ആ രീതിയിൽ വ്യക്തിയുടെ മാനസികമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയും ശാരീരികമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി അവരുടെ അറ്റൻഷൻ ഏകാഗ്രതയെ വർദ്ധിപ്പിച്ചുമൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രയോജനം ചെയ്യും വിശ്വാസങ്ങളുണ്ട് അങ്ങനൊരു സംശയമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളുടെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത് സ്വന്തം മനസ് അവനവന് പ്രവർത്തിക്കുകയാണ് എന്ന് ഞാൻ പറയുന്ന എന്താണോ ഇത് അതിന്റെ സയന്റിഫിക്ക് ആയ എക്സ്പ്ലനേഷൻ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനല്ല ഞാൻ ഈ പറയുന്നത് ഇതിന് എന്ത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണോന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഈ പറയുന്നത് നടത്താനായിട്ട് പലതരത്തിലുണ്ടാവും കാരണം ഇപ്പൊ ഇത് നടത്തിച്ചു കൊടുക്കുന്നതാണ് ഒന്നും അയാൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അയാളുടെ ജീവിതം അതുകൊണ്ട് നടന്നുപോകും അതൊന്നും ഉണ്ട് പിന്നെ അയാള് ഈ തൊഴിലിനെ വളരെ മഹത്വമുള്ള ഒരു പ്രവൃത്തിയായി കാണുകയാണെങ്കിൽ അയാൾക്ക് ആന്തരികമായൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇല്ല ഇനി അയാള് അവിടെ വന്നിട്ട് എന്താണ് അയാളിവിടെ പൈസ അടിച്ചു മാറ്റുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ പിന്നീട് കുറ്റബോധം ഉണ്ടാക്കും അയാളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അയാളുടെ ഉറക്കം നഷ്ടപ്പെടും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതെല്ലാം സംഭവിക്കണം മാനസികമായതെല്ലാം സ്വാധീനിക്കും ഞാൻ അതിന്റെ സയന്റിഫിക് ആവേശം പറയണം വിശ്വാസത്തിന്റെ ഭാഗം ഏത് രീതിയിലും വേഖ്യ സയൻസാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത എന്താണ് ഞാൻ അതിനർത്ഥം പറഞ്ഞത് അത് പറഞ്ഞിട്ട് മുമ്പോട്ടു ഭിന്നമാണെങ്കിൽ അഭിന്നം പോലെ എന്നുള്ളതിന് ഞാൻ എങ്ങനെയാ വിശദീകരിച്ചത് ർക്കൊന്നും ഓർമ്മയില്ലേ ചോദ്യം വന്നത് ആ ഏറ്റവും പ്രധാനമായി വരുന്നത് അവിദ്യ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഭിന്നമാണെങ്കിലും അഭിന്നമായിട്ടുള്ള അതിന് കാരണം എന്താണ് സ്വയംപ്രകാശം അപ്പൊ ശങ്കരായര് പറയുന്ന സ്വയം പ്രകാശമായിരിക്കുന്ന ഒരറിവുണ്ട് സ്വയം പ്രകാശമായിരിക്കുന്ന ഒരറിവുണ്ട് എന്ന് ശങ്കരായര് പറയുന്നത് എന്താണ് സ്വയം പ്രകാശമായിരിക്കുന്ന ഒരറിവുണ്ട് എന്ന് പറയുന്നത് എന്താണ് ശങ്കരായര് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അറിയുന്ന അറിവാണുള്ളത് ശങ്കരായും അറിയുന്ന അതല്ല സ്വയം പ്രകാശമായിരിക്കുന്ന അറിവാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ദേഹത്തോട് ചേർത്താണ് നമ്മളറിയുന്ന അറിയുന്നത് ഞാൻ ശങ്കരാചാര്യ അറിയുന്ന അങ്ങനെയല്ല ദേഹത്തിന്ന് വേർക്കൊരറിവുണ്ട് ഈ ശങ്കരാചാര്യ പറയുന്ന എന്താണ് ശങ്കരാശ്വാസം തന്റെ വിശ്വാസമാണ് എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാം ദേഹത്തിൽ നിന്ന് വേറിട്ടൊരറിവുണ്ട് അതിനെ നമ്മളറിയുന്ന അറിവല്ല പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു ആ അറിവ് ദേഹത്തിലുണ്ടെന്ന് ധരിക്കുന്നു എന്ന് പറയപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത് എന്താണ് എന്താ അറിവില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചോദിച്ചത് അറിവില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ ന്യൂറോ സയൻസിലേക്ക് അതിന് മറുപടി പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അദ്വൈതത്തിലല്ല ശങ്കരായിരിക്കുന്ന എന്താണോ ശങ്കരായ വിശ്വാസം അതാണ് എഴുതി വെച്ചിരിക്കുന്നത് മറ്റേ ചോദിക്കുന്നത് എന്താണോ അത് അതിന്റെ സയന്റിഫിക്ക് ആയ വിശദീകരണം രണ്ടും രണ്ടു കാര്യങ്ങളാണ് വിശ്വാസം വേറെ സയന്റിഫിക്ക് ആയിട്ടുള്ള വിശദീകരണങ്ങൾ വേറെ ശങ്കരാചാര്യർ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചിട്ട് നമ്മളെ വിശ്വസിച്ചാൽ നമ്മളെ വിശ്വാസമായി മാറും നമ്മളെ വിശ്വാസമായി നമ്മളാരും ആരാവും ആ ബ്രഹ്മജ്ഞാനികളാ ശങ്കരാചാര് വിശ്വസിച്ചുകൊണ്ട് ശങ്കരാചാര്യ ബ്രഹ്മജ്ഞാനിയായി നിങ്ങളോ ഞാനോ വിശ്വസിച്ചാൽ നമ്മളെല്ലാവരായി മാറും ബ്രഹ്മജ്ഞാനിയായി മാറും മറ്റേ പറയുന്ന കാര്യം അതല്ല മറ്റേ പറയുന്ന കാര്യം ഒരാള് ഒരു പ്രത്യേക അനുഷ്ഠാനം ചെയ്തപ്പോൾ പ്രത്യേക ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നു അത് അസാധാരണമായ അനുഭവമാണ് സാധാരണ മനുഷ്യർക്കുള്ള ഒരു അനുഭവൻഡൽ എന്ന് പറയാം അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നു അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേർക്കുമ്പോ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള അത്തരം ഒരു ചോദ്യത്തിന് നമുക്ക് ഇന്ന് മറുപടി പറയാൻ പറ്റുന്ന സയൻസിൽ കൂടെ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ മനസ്സ് നമ്മൾ ജീവിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് അതിന് ഈ ശരീരത്തിന് പുറത്തെന്തെങ്കിലും സ്വാധീനം ഉണ്ടോ അത് സയൻസിന്റെ നിലപാടനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ അതിരന്നൂറ് എന്താണോ ശരീരം നമ്മുടെ ഈ ശരീരമാണ് ഇതിനപ്പുറം യാതൊരു സ്വാധീനവും അതാണ് അതൊക്കെ യഥാർത്ഥമായിട്ട് മയിൽ മയിൽ ഇല്ലാത്ത മയിൽ വന്നു മയിൽ വന്നായിരുന്നു ഇവിടെ ഈ സുബ്രഹ്മണ്യമന്ത്രം അത് തന്നെ അത് മയിൽ വന്നത് സുബ്രഹ്മണ്യ മന്ത്രം കേട്ടിട്ട് വന്നായിരിക്കണം എന്നല്ല ഈ മയിലെന്ന് പറയുന്നത് പലയിടത്തും സഞ്ചരിച്ചു കൂട്ടത്തില് അവിടെയും വന്നു സമയത്ത് നമ്മള് കേറി അതിപ്പോ തമിഴ്നാട്ടിൽ ചെന്നു അതൊക്കെ അങ്ങനെ വരുന്നത് അത് ഇത് മൈൻഡ് അറിയുന്നില്ല നമ്മൾ ജപിക്കുന്ന കാര്യമൊന്നും അപ്പൊ അങ്ങനെ വരുമ്പോ ചെലപ്പോ ഒത്തു ഓക്കും ചെലപ്പോ ഓക്കും ചിലപ്പോൾ ഓം സർദോനി എൽപിടായ ഓ ഫോർ ഓ സർദോനി എൽപിടായ രഗ പോവറി 12 ഗുണതമ തായയ ഓം സർദോ